പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ വെള്ളിയാഴ്ചയും ദൈവസന്നിധിയിൽ കൂടാനായിട്ട് ദൈവം ഇടയാക്കിയല്ലോ നമ്മൾ വെള്ളിയാഴ്ച ഒന്നിച്ചു വരുമ്പോൾ നമ്മൾ ബൈബിളിൽ നിന്ന് പഴയ നിയമത്തിൽ കാണുന്ന യഹൂദ പല താഴ്വരകളെക്കുറിച്ച് ചിന്തിച്ചു വരികയാണ് നമ്മൾ ഈ നിലയിൽ കോവിഡുമൊക്കെയായിട്ട് വീടുകളിലിരുന്ന് മീറ്റിങ് കൂടാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ഒരു ദിവസം ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ നിന്ന് അതിൻ്റെ നാലാം വാക്യം കുരൂരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന വാക്യം ചിന്തിക്കാനിടയായി തുടർന്നാണ് നമ്മൾ കുര്യൂരിൽ താഴ്വര മരണനിഴൽ താഴ്വര എന്ന് പറഞ്ഞു തുടർന്ന് ബൈബിളിലെ ഓരോ താഴ്വരയെക്കുറിച്ച് നമ്മൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരാ ആത്മീയ ചിന്തകളാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമുക്ക് ഏലാ താഴ്വര അതിനെക്കുറിച്ച് ചിന്തിക്കാം ഒന്ന് ക്ഷമയിൽ പതിനേഴാമത്തെ അധ്യായത്തിലാണ് നമ്മളെ ഏലത്താഴ്വരെ കുറിച്ച് കാണുന്നത് പതിനേഴാമത്തെ അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ ഏലത്താഴ്വരയെ കുറിച്ച് പറയുന്നു പത്തൊൻപതാമത്തെ വാക്യത്തിൽ ഏല താഴ്വരയെക്കുറിച്ച് പറയുന്നു ഏല താഴ്വര എന്ന് പറയുമ്പോൾ സത്യത്തിൽ നമുക്ക് എല്ലാവർക്കും എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഏറ്റവും പരീതമായ ഒരു സംഭവമാണ് ഈ ഏല താഴ്വരയിൽ നടന്നത് നമ്മൾ ഈ താഴ്വരയുടെ പേരങ്ങനെ ശ്രദ്ധിക്കാറില്ലെങ്കിലും ഈ ഏലാ താഴ്വരയിൽ നടന്ന സംഭവം എന്താണെന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് പോലും വളരെ വ്യക്തമായിട്ടറിയാം അതായത് ദാവീത് ഒരു പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നപ്പോൾ ഗോലിയാത്തിനെ തോൽപ്പിച്ച ആ സംഭവമാണ് ഏലാ താഴ്വരയിൽ നടന്നത് നോക്കുക ദാവീദ് ഗോലിയാത്തിനെ തോൽപ്പിച്ച കാര്യം നമുക്ക് അറിയാം പക്ഷെ അത് നടന്നത് ഈ ഏലാ താഴ്വരയിലാണ് നമുക്ക് വളരെ വേഗത്തിൽ ഈ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാവുന്ന ഈ കഥയിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് നോക്കാം ഇവിടെ എന്താ ഇവിടെ ഈ ഏലത്താഴ്വരയില് ഫെലിസ്തീര് ഒരു മലഞ്ചരിവിലും ഇസ്രായേലിയുടെ ഇപ്പുറത്തുള്ള ഒരു മലഞ്ചെരുവിലും നിന്നു ഇവരുടെ മധ്യേ ഒരു താഴ്വര ഈ താഴ്വരയാണ് ഏലാത്താഴ്വര എന്ന് പറയുന്നത് ഇന്നും യഹൂദ നാട്ടില് വെസ്റ്റ് ബാങ്ക് എന്നറിയപ്പെടുന്ന ഭാഗത്ത് ഈ താഴ്വര ഇന്നും നീണ്ട് വലിയ ആഴമില്ലാതെ ഇപ്പോഴും കിടപ്പുണ്ട് ഈ താഴ്വര രണ്ട് പുരാതന പട്ടണങ്ങളായ അസേക്ക് സോക്കോ എന്നിവയുടെ സമീപത്ത് ഉള്ള പ്രസിദ്ധമായ ഒരു താഴ്വരയായിട്ട് ഇന്നും അനേകം ടൂറിസ്റ്റുകൾ അവിടെ പോവുകയും ദാവീദ് കോലിയാത്തിനെ എറിഞ്ഞ് വീഴ്ത്തിയ സ്ഥലമായിട്ട് കാണുകയും ഒക്കെ ചെയ്യുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് ആയിരിക്കുന്നു ഇങ്ങനെയുള്ള ഈ താഴ്വര ഈ താഴ്വരയിൽ നമ്മൾ കാണുന്നത് എന്താ നമുക്കറിയാം ആ സംഭവം ഞാൻ വിവരിക്കാൻ പോകുന്നില്ല പക്ഷേ രണ്ടു വശത്തും ഫിലിസ്തീനും ഇസ്രായേലും നിന്നു ദാവീത് യാദൃശ്യ തൻ്റെ ജ്യേഷ്ഠന്മാർക്കുള്ള സ്നേഹ സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് അപ്പൻ കൊടുത്തയച്ച സാധനങ്ങളും ഒക്കെ ആയിട്ട് അവിടെ ചെന്നതാണ് ചെന്നപ്പോഴാണ് ഗോലിയാത്ത ഇങ്ങനെ ഇസ്രായേലിൻ്റെ ദൈവത്തെ നിന്നിച്ചുകൊണ്ട് വരുന്നത് കാണുന്നത് അപ്പോഴാണ് അപ്പോൾ ദാവീദ് എന്ത് ചെയ്യുന്നു ദാവീദ് അതിൻ്റെ ഇരുപത്താറാമത്തെ വാക്യത്തിൽ ഈ ജീവനുള്ള ദൈവത്തിൻ്റെ സേനകളെ നിന്നിപ്പാൻ അഗ്രചർമ്മിയായ ഈ ഫിലിസ്തീൻ ആരാണ് എന്നൊക്കെ ദാവീദ് അവിടെ പടയാളികളോടൊക്കെ ചോദിക്കുന്നു അങ്ങനെ ചോദിച്ച് അവസാനം ഇങ്ങനെ ചെറുപ്പക്കാരൻ സംസാരിക്കുന്നു എന്നുള്ളത് രാജാവായ ഷൗലിൻ്റെ അടുത്ത് വാർത്തയെത്തി ഷൗല് ദാവീദിനെ വിളിപ്പിച്ചു ദാവീദിനോട് അന്നേരം ഷൗല് പറയുന്നത് കണ്ടോ പതിനേഴിൻ്റെ മുപ്പത്തിരണ്ടാമത്തെ വാക്യത്തിൽ നോക്കിയാൽ ഇവൻ്റെ നിമിത്തം ആരും അധൈര്യപ്പെടേണ്ട അടിയൻ ചെന്ന് ഈ ഫിലിസ്തീനോട് അംഗം പൊരുതാം എന്നാണ് രാജാവിനോട് ദാവീദ് പറയുന്നത് കണ്ടോ അവന് അവൻ്റെ സാധ്യതകളെയല്ല നോക്കുന്നത് അവന് ജീവനുള്ള ദൈവം എന്നുള്ള നിലയിൽ ജീവനുള്ള ദൈവത്തിൻ്റെ സേനകളെ നിന്നിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫിലിസ്തീൻ എന്തുള്ളൂ എന്നാണ് അവൻ ചോദിക്കുന്നത് അപ്പോൾ ശൗൽ എന്ത് ചെയ്യുന്നു ശൗല് അവനെ നിരുത്സാഹപ്പെടുത്തുക നീ ബാലൻ അവനോ ബാല്യം മുതൽ യോദ്ധാവ് ഗോലിയാത്ത് ബാല്യം മുതൽ യോദ്ധാവാണ് നീ വെറും ബാലനാണ് നീ കണ്ടാൽ ഒരു പത്ത് പതിനേഴ് വയസ്സുള്ള കോമള ഒരു ബാലനാണ് അവനോ അവനെ ഗോലിയാത്തിനെക്കുറിച്ച് നമ്മൾ പറയുന്നത് ഏകദേശം അവൻ്റെ ഒമ്പതടിപ്പൊക്കമുണ്ടായിരുന്നു ഒൻപതടിപ്പൊക്കം സാധാരണ ഏറ്റവും പൊക്കമുള്ള ആൾ പോലും ഒരു ആറോ ആറരയോ ഉള്ള ഒരാളാണ് ആണെങ്കിൽ തന്നെ വലിയ പൊക്കമുള്ള ആളായിട്ടാണ് കാണുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന കണക്കുകളൊക്കെ വെച്ചിട്ട് വേദപണ്ഡിതന്മാര് പറയുന്ന ഗോലിയാത്തെന്ന മല്ലന് വലിയ നെടുപ്പമുള്ളവനായിരുന്നു അവൻ ആറ് പുഴവും ഒരു ചാണും നെടുപ്പമുള്ളവൻ എന്ന് പറയുന്നതിന് ഇന്നത്തെ രീതിയിലേക്ക് അവർ പഠിക്കുമ്പോൾ ഏതാണ്ട് ഒൻപത് അടി പൊക്കമുള്ള ഒരു മനുഷ്യൻ അവൻ വന്ന് ആളുകളെ വെല്ലുവിളിക്കുന്നു അതിൻ്റെ മുമ്പിലേക്കാണ് ഈ ദാവീദ് ചെല്ലുന്നത് ദാവീദ് ചെല്ലുമ്പോൾ ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള സംസാരം അതിൻ്റെ നാൽപ്പത്തഞ്ച് നാൽപ്പത്തെട്ട് വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അവിടെ ഗോലിയാത്ത് പറയുന്നു നീ വാളും കൊന്തും നീ എൻ്റെ നേരെ എന്തിനാണ് വന്നിരിക്കുന്നത് നീയെ എന്ന് പറഞ്ഞ് ഗോലിയാത്ത് അവനെ കളിയാക്കുക ചെയ്യുന്നത് ഏ നീ ഈ നിലയിൽ ഇടയസഞ്ചിയും ഒക്കെയായിട്ട് നീയെ വരുന്ന കണ്ടിട്ട് അതിൻ്റെ നാൽപ്പത്തി വാക്യം നോക്കുക ഗോലിയാത്ത് തൻ്റെ ദേവനാമാരുടെ നാഭം ചൊല്ലി ദാവീദിനെ ശവിച്ചു പിന്നെ പറയുന്നു നീ വടികളുമായിട്ട് എൻ്റെ നേരെ വരാൻ ഞാൻ നായോ അപ്പോൾ ഒരു ഇടയൻ്റെ വടിയും ഒരു ഇടയൻ്റെ പൊക്കണവും ഒക്കെയായിട്ടാണ് കയ്യിലൊരു കവണയുമായിട്ട് ഈ മൂന്ന് കാര്യങ്ങളുമായിട്ടാണ് ദാവീദ് ചെല്ലുന്നത് പോകുന്ന വഴിക്ക് തോട്ടിൽ നിന്ന് ഒരു അഞ്ച് കല്ല് കണ്ട് അതവനവൻ്റെ പൊക്കണത്തിൽ ഇട്ടു ഇങ്ങനെ ചെന്ന് ചെല്ലുമ്പോൾ ഗോലിയാത്ത് അവനെ കളിയാക്കുക കളിയാക്കുമ്പോൾ ദാവീദ് എന്താ പറയുന്നത് ദാവീദ് പറയുന്നിടത്തെല്ലാം തൻ്റെ എന്തെങ്കിലും മഹത്വം പറയുന്നില്ല ഞാൻ എഹോയുടെ നാമത്തിൽ വരുന്നു ഇസ്രായേലിൽ ഒരു ദൈവമുണ്ട് വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല ഈ ദൈവം രക്ഷിക്കുന്നത് യുദ്ധം യഹോവയ്ക്കുള്ളത് എന്നെല്ലാവരും അറിയാനിടയാകും എന്നെല്ലാം അവൻ പറയുന്നു നോക്കണ്ടോ അവൻ അവൻ്റെ ദൈവത്തിലാണ് ചാരുന്നത് നമ്മളെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും നമ്മളും പല രംഗങ്ങളിൽ നിൽക്കുമ്പം നമ്മൾ ദാവിതിനെ പോലെ ചെറിയ ആളായിട്ട് നമുക്ക് തോന്നും നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളി ഗോലിയാത്തിനെ പോലെ വളരെ വലുതായിട്ട് നമുക്ക് തോന്നും അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ നമ്മുടെ കയ്യിൽ എന്തോ ഉണ്ട് എന്നുള്ളതല്ല നോക്കേണ്ടത് ദാവീത് പറയുന്നില്ല ഞാൻ എൻ്റെ കയ്യിൽ കവണയുണ്ട് ഞാൻ അവനെ എറിഞ്ഞുകൊല്ലാം എന്നൊന്നും പറയുന്നില്ല അവന് ദൈവമുണ്ട് യഹോവയുടെ നാമത്തിൽ ഞാൻ വരുന്നു ഇന്ന് ദൈവം ഗോലിയാത്തിനെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും ഇസ്രായേലിൽ ഒരു ദൈവമുണ്ട് യുദ്ധം യഹോവയ്ക്കുള്ളതാണ് ജീവനുള്ള ദൈവത്തിൻ്റെ സേനയെ പ്രതിദാനം ചെയ്താണ് ഞാൻ വരുന്നത് എല്ലാം അവൻ നോക്കുന്നത് മുഴുവൻ ദൈവത്തിലേക്കാണ് അല്ലാതെ അവൻ്റെ കൈവശം എന്തുണ്ട് എന്നുള്ളതിലേക്കല്ല നോക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളും ഈ മഹാമാരിയുടെ കാലഘട്ടത്തിലായിരിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സിനെ നോക്കിയാൽ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ കയ്യിൽ ശാസ്ത്രത്തിൻ്റെ കയ്യിൽ എന്താ ഉള്ളത് ഈ കൊറോണ പോലെ ചെറിയ വൈറസിനെ നേരിടാൻ ഈ മുഴി ശാസ്ത്രജ്ഞന്മാർക്കോ അവരുടെ ഇതേ വരെയുള്ള കണ്ടുപിടുത്തങ്ങളോ അവരുടെ കയ്യിൽ ഒന്നുമില്ല അതേസമയം ഗോലിയാത്തിനെ പോലെ ഒൻപതടി പൊക്കത്തിൽ ഈ ഈ മഹാമാരി നമ്മുടെ മുമ്പാകെ നിൽക്കുക ഞാൻ ഈ മഹാമാരി മാത്രമല്ല നമ്മൾ ജീവിച്ചു പോകുമ്പോ പല പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പാകെ വെല്ലുവിളിയായിട്ട് വരും അതിൻ്റെ മുമ്പാകെ നമ്മൾ എന്താ ഒരു ചെറിയ കുട്ടിയെ പോലെ പത്തോ പതിനേഴോ വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചുകുട്ടിയെ പോലെ നമ്മൾ നിൽക്കുമ്പോൾ ആളുകളെല്ലാം പറയും ആളുകളുടെ എല്ലാം നോട്ടത്തിൽ നമ്മൾ ജയിക്കാൻ ഒരു സാധ്യതയില്ല പക്ഷെ നമ്മൾ ജയിക്കും എന്തുകൊണ്ട് കാരണം നമ്മൾ നമ്മുടെ ദൈവത്തിന്റെ നാമത്തിലാണ് വരുന്നത് നമ്മൾ നമ്മളിലേക്കല്ല നോക്കുന്നത് ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ദാവീത് എന്തോ ചെയ്യുന്നുണ്ട് ദാവീത് കഴിഞ്ഞ കാലത്ത് ദൈവം തന്നെ വിടുവിച്ച വിടുതലിനെ ഓർക്കുന്നുണ്ട് ശൗലിനോട് പറയുന്നു പതിനേഴിൻ്റെ മുപ്പത്തേഴാം വാക്യം സിംഹത്തെയും കരടിയേയും ഞാൻ എന്തു ചെയ്തിട്ടുണ്ട് ഞാന് അതിനെ കൊന്നിട്ടുണ്ട് എന്ന് കഴിഞ്ഞ കാലത്തെ സംഭവം പറയും ഒരു പക്ഷേ ദാവീദ് ശിംഷോൻ ഒരു സിംഹത്തെ കൊന്നതുമൊക്കെ വായിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിവുണ്ടാവും ശിംഷോന് ലഭിച്ച അതേ അഭിഷേകം തന്നെയാണ് ശമൂഹയില് നേരത്തെ ദാവീദിന് അവന്റെ തലയിൽ ആ നിലയിൽ അഭിഷേക തൈലം ഒഴിച്ചതാണ് അങ്ങനെയുണ്ടെങ്കിൽ ദൈവത്തിന്റെ അഭിഷേക വീണ ഞാന് ശിംഷോനെ പോലെ സിംഹത്തെയും കരടിയേയും ഒക്കെ കൊല്ലും എന്നാൽ കൊച്ചുകുട്ടിയുടെ ഒരു നിഷ്കളങ്കതയിൽ അവനത് ചെയ്തു അതിനെ എല്ലാം താളടിയാക്കി തീർത്തു അതിനെ എല്ലാം നശിപ്പിച്ചു പ്രിയപ്പെട്ടവരെ അവന് നമുക്കും എന്ത് വേണം നമ്മൾ ഒന്ന് ദൈവത്തിലേക്ക് നമ്മൾ നോക്കണം രണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മളെ വിടുവിച്ച വിടുതലിനെ നമ്മൾ ഓർക്കണം അങ്ങനെ ദൈവത്തെ നമ്മൾ എണ്ണുകയും നമ്മുടെ കൈയിലുള്ള കാര്യങ്ങളെ നമ്മൾ നോക്കാതെ ദൈവത്തിൽ തന്നെ ശരണപ്പെട്ട് നമ്മളെ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം വിടുവിച്ച വിടുതലിനെ ഓർക്കുകയും ചെയ്താൽ നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നല്ലോ അവിടുന്ന് കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ അത് മറന്നു എന്നെ വിടുവിച്ച വിടുതലിനെ ഞാൻ ഓർക്കും എന്നൊക്കെയാണ് സങ്കീർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നത് നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് എൻ മനുമയെ യഹോവയെ വാഴ്ത്തുക അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് അപ്പൊ കഴിഞ്ഞ കാലത്ത് ദാവീദിന് ദൈവം ചില ഉപകാരങ്ങൾ ചെയ്തു വലിയൊരു സുഖത്തെയും വലിയൊരു കരടിയേയും കൊല്ലാൻ അവൻ ഒറ്റയ്ക്ക് വെറും കൈകൊണ്ട് അതിനെ കീറിക്കളയാനിടയാക്കി അവന്റെ ശക്തി കൊണ്ടാണോ അല്ല പക്ഷെ കഴിഞ്ഞ കാലത്ത് ദൈവം ചെയ്ത ആ ഉപകാരങ്ങളെ അവൻ മറക്കാതെ ശൗൽരാജാവിനോട് പറയുന്നു ഞാൻ കഴിഞ്ഞ കാലത്ത് ദൈവം എന്നെ ഇങ്ങനെ വിടുവിച്ചിട്ടുണ്ട് ഇപ്പോഴും അതേ ദൈവം തന്നെയാണ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് യുദ്ധമെഹോവയ്ക്കുള്ളതാണ് ഞാൻ അതുകൊണ്ട് ഈ ഗോലിയാത്തിനെ തോൽപ്പിക്കാമെന്ന് പറഞ്ഞ് അവൻ ദൈവത്തിലേക്ക് തന്നെ ദൃഷ്ടി ഉയർത്തി അവൻ ഗോലിയാത്തിനെ നേരിടുന്നു ആ യുദ്ധത്തിൽ അവൻ വിജയി ജയാളിയായി തീരുന്നതാണ് നമ്മളെ കാണുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ദാവീദ് ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ ഇടയായ കാര്യങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ ചിന്തിച്ചു ഒന്നാമത് നമ്മൾ പറഞ്ഞത് ദാവീദ് തന്നിൽ തന്നെ നോക്കിയില്ല തൻ്റെ കയ്യിലുള്ള റിസോഴ്സിനെയല്ല നോക്കിയത് മറിച്ച് വലിയവനായ ദൈവത്തെ കണ്ടു രണ്ടാമതായിട്ട് ദാവീദ് കഴിഞ്ഞ കാലത്ത് താന് ദൈവം തനിക്ക് തന്ന വിജയങ്ങളെ കണ്ടു അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കാതെ ദൈവത്തിന് നന്ദിയുള്ളവനായിട്ട് അതിനെ ഓർത്തു കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ വിടുവിച്ച ദൈവം ഇന്നും എന്നെ വിടുവിക്കും എന്നുള്ള അവൻ്റെ ഒരു ഉറപ്പ് നമുക്കവിടെ കാണാനായിട്ട് കഴിയും അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്കതിനെ ഇങ്ങനെ ഇങ്ങനെയും ചിന്തിക്കാം അതായത് ഇവിടെ ഗോലിയാത്തിനെ തോൽപ്പിക്കുന്നതിന് മുമ്പ് ദാവീദ് എന്ത് ചെയ്തു ദാവീദ് തൻ്റെ സ്വകാര്യ ജീവിതത്തിൽ ഒരു സിംഹത്തെയും കരടിയേയും തോൽപ്പിച്ചു ഈ സിംഹത്തെയും കരടിയേയും തോൽപ്പിച്ചത് ദാവീദ് ഇവിടെ പറയുന്നതിന് മുമ്പ് നമ്മൾ ആരും അറിഞ്ഞിരുന്നില്ല കണ്ടോ അവൻ്റെ സ്വകാര്യ ജീവിതത്തിൽ അവന്റെ നേരെ വന്ന രണ്ട് ശത്രുക്കളെ അവൻ തോൽപ്പിച്ചു സിംഹത്തെയും കരടിയേയും തോൽപ്പിച്ചു ഇപ്പോ വലിയൊരു ശത്രു വലിയ ജനക്കൂട്ടത്തിന് മുമ്പാകെ ആളുകളുടെ മുമ്പാകെ തൻ്റെ നേരെ വരുമ്പം അവൻ പറയുക കഴിഞ്ഞ കാലത്ത് സ്വകാര്യ ജീവിതത്തിൽ ഞാൻ ഇവയെ തോൽപ്പിച്ചു ഇന്ന് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും ഈ വലിയ ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ അടിപ്പെടുത്താൻ വരുന്ന പാപങ്ങളെക്കുറിച്ച് ചിന്തിക്കാം ഈ സിംഹവും കരടിയും ഒക്കെ നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ നമ്മളെ അടിപ്പെടുത്താൻ വരുന്ന പാപങ്ങളായിട്ട് ചിന്തിച്ചാൽ ദാവീത് ഒന്നാമത് ഗോലിയാത്തിനെ തോൽപ്പിക്കുന്നതിന് മുമ്പ് തൻ്റെ സ്വകാര്യ ജീവിതത്തിൽ ഈ നിലയിലുള്ള കൊച്ചു കൊച്ചു പാപങ്ങളെ ജയിച്ചു നമുക്കും നമ്മുടെ ജീവിതത്തിൽ ജയാളികളായിട്ട് നിൽക്കണമെങ്കിൽ പാപത്തിന്റെ മേൽ ജയമുള്ളവരായിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം ആ വലിയ പാപങ്ങളെ ജയിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ സിംഹത്തെയും കരടിയേയും തോൽപ്പിക്കുന്നവരായിട്ട് നമ്മൾ ആയിരിക്കണം അതുപോലെ നമ്മൾ വളരെ വേഗത്തിൽ ആ രംഗങ്ങൾ നോക്കുമ്പം ദാവീദ് ഒടുവില് ഗോലിയാത്തിനെ എറിഞ്ഞ് വീഴ്ത്തിയിട്ട് ഗോലിയാത്തിൻ്റെ വാള് തന്നെയാണ് അവനെ കൊന്നത് എബ്രായർ രണ്ടിൻ്റെ പതിനാലിൽ നമ്മൾ കർത്താവിനെ കുറിച്ച് കാണുന്നുണ്ടല്ലോ മരണാധികാരിയായ പിശാജിനെ കർത്താവ് എങ്ങനെയാ നീക്കിയത് മരണം കൊണ്ട് തന്നെയാ നീക്കിയത് ഗോലിയാത്തിനെ ഗോലിയാത്തിന്റെ വാള് കൊണ്ട് തന്നെയാ കൊന്നത് അതുപോലെ നമ്മൾ അവിടെ കാണുന്നു ഗോലിയാത്തിനെ കൊന്നപ്പം മറ്റു ഫലിസ്ഥീർ ഓടി ഒളിച്ചു മറ്റു ഫലിസ്തീർ ഓടി ഒളിച്ചു ഒരു പ്രധാനപ്പെട്ട ഒരു പാപത്തിന്റെ മേൽ നമ്മൾ ജയം ജയം നേടി കഴിയുമ്പോൾ മറ്റു മല്ലന്മാര് മറ്റു നമ്മുടെ മുമ്പിൽ നിൽക്കാൻ കഴിയാതെ ഓടിക്കളയും എബ്രായർ പന്ത്രണ്ടിന്റെ ഒന്നില് മുറുകപ്പറ്റുന്ന പാപത്തെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടല്ലോ ഇങ്ങനെയുള്ള മുറുകെപ്പറ്റുന്ന വലിയൊരു പാപത്തെ ഗോലിയാത്തിനെ തന്നെ കൊന്നുകഴിഞ്ഞപ്പോൾ മറ്റു ഫലിസ്തീർ അവൻ്റെ മുമ്പിൽ നിന്ന് ഓടി ഒളിച്ചു എന്നാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത് പ്രിയപ്പെട്ടവര് നമ്മള് ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയും സംഭവങ്ങളിൽ നിന്ന് നമ്മൾ പറഞ്ഞത് നമുക്കും ഒരു എതിരാളിയുണ്ട് നമ്മുടെ എതിരാളി ആരാണ് പിശാജാണ് അവനെ അവനെ വലിയ നിലയിൽ നമ്മൾ ജയിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് വേണം നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം സ്വകാര്യ ജീവിതത്തിൽ നമ്മുടെ നേരെ വരുന്ന സമുഖം കരടി പോലുള്ള ചെറിയ പാപങ്ങളോട് ഒത്തുതീർപ്പില്ലാതെ അതിൻ്റെ മേൽ ജയം നേടിയാൽ വലിയ പാപത്തെയും ജയിക്കാൻ ദൈവം നമുക്കിടയാക്കും എന്ന് തന്നെയല്ല അങ്ങനെ അതിനെ ജയിച്ചു കഴിയുമ്പോൾ മുറുകപ്പെറ്റുന്ന ആ പാപത്തെയും നമ്മൾ ജയിച്ചു കഴിയുമ്പോൾ മറ്റ് പിന്നീടുള്ള പാപങ്ങൾക്കൊക്കെ പിന്നീടുള്ള മല്ലന്മാർക്കൊക്കെ മറ്റ് ഫിലിസ്തീയർക്കൊക്കെ ദാവീതിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയാതെ അവർ ഓടി ഒളിച്ചതുപോലെ നമ്മുടെ മുമ്പാകെ നിന്ന് മറ്റ് നമ്മുടെ ശത്രുക്കളായ പാപങ്ങൾ ഓടി ഒളിക്കും ജയാളികളായിട്ട് നിൽക്കും ദാവീദിന്റെ ജീവിതത്തിലെ ഏലാത്താഴ്വരയിൽ നിന്ന് നമുക്കെടുക്കാവുന്ന പാഠങ്ങൾ ഇതൊക്കെയാണ് ഞാൻ നമ്മൾ ഈ ഏലാത്താഴ്വരയിൽ ദാവീദ് ഒരു പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടി ഇതാ ഒരു വലിയ ഗോലിയാത്തിനെ ജയിച്ച ഈ രംഗം വായിക്കുമ്പോൾ ഇതിൻ്റെ അകത്തെ ആത്മീക പാഠം പോലെ തന്നെ ഒരു സംഭവം നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതകാലത്ത് ഉണ്ടായത് നമുക്ക് കാണാനായിട്ട് കഴിയും യോഹന്നൻ്റെ സുവിശേഷത്തിൻ്റെ ആറാം അധ്യായത്തിലാണ് നമ്മൾ അത് കാണുന്നത് യോഹന്നൻ്റെ സുവിശേഷത്തില് കർത്താവ് ശിഷ്യന്മാരുമായിട്ട് പോകുമ്പോൾ അവിടെ വലിയ പുരുഷാരൻ തൻ്റെ അടുത്ത് വന്നു അവിടെ എന്തുണ്ട് ഒരു ബാലൻ്റെ കയ്യിൽ അഞ്ച് എവത്തപ്പവും രണ്ടും മീനും ഉണ്ട് അത് കർത്താവ് എടുത്ത് വാഴ്ത്തി അയ്യായിരം പേര് തൃപ്തരായ ആ രംഗമാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത് നാല് സുവിശേഷങ്ങളിലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് മത്തായിയുടെ സുവിശേഷം പതിനാലാമധ്യായം പതിനഞ്ച് മുതലുള്ള വാക്യങ്ങൾ മർക്കോസ് ആറിൻ്റെ മുപ്പത്തിനാല് മുതൽ നാല്പത്തി വരെ ലൂക്കോസ് ഒൻപതിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ യോഹനന്റെ സുവിശേഷം ആറാമധ്യായം അതിൻ്റെ പ്രാരംഭവാക്യങ്ങളിൽ ഒക്കെ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെയും നമുക്ക് ദാവീദ് ഗോലിയാത്തിനെ ജയിച്ചതുപോലെ അതിന് സമാനമായ ഒരു രംഗം പോലെ നമുക്ക് വേണമെങ്കിൽ കാണാൻ കഴിയും ഇവിടെയും ആരാണുള്ളത് ഇവിടെയും ഒരു ബാലനാണുള്ളത് ഏഹ് ദാവീദ് തോട്ടിൽ നിന്ന് അഞ്ച് കല്ലെടുത്ത് പൊക്കണത്തിൽ ഇട്ടു എന്ന് നമ്മൾ വായിക്കുന്ന പോലെ ഇവൻ്റെ കയ്യിലും അഞ്ചപ്പമാണുള്ളത് അഞ്ചപ്പമാണുള്ളത് ഇവൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ വളരെ കുറച്ചാണ് അഞ്ചപ്പവും രണ്ട് മീനുമേ ഉള്ളൂ ദാവീദിൻ്റെ കയ്യിൽ എന്താ ഉള്ളത് ദാവീദിൻ്റെ കയ്യിൽ ഒരു ഇടേൻ്റെ വടിയോ ഒരു കവിണയോ ഒരു പൊക്കണമോ മാത്രമേ ഉള്ളൂ മറുവശത്തോ മറുവശത്ത് വെല്ലുവിളി വലിയതാണ് ഒൻപതടി പൊക്കമുള്ള ഗോലിയാത്ത് പോലെ ഇവിടെ ഇത് അയ്യായിരം പുരുഷന്മാരെ അത്രയും പേരെ ഇവരെ എല്ലാം തീറ്റിപ്പോറ്റണം എന്നുള്ള വലിയ വെല്ലുവിളിയാണ് ആ വെല്ലുവിളിയുടെ മുമ്പിൽ ഈ കുട്ടി എന്ത് ചെയ്തു അവനത് കർത്താവിൻ്റെ കയ്യിൽ മനസ്സോടെ ഏൽപ്പിച്ചു കർത്താവ് അതിനെ അതിനെ നുറുക്കി ശിഷ്യന്മാരെ ഏൽപ്പിച്ചു അത് ആ വെല്ലുവിളികളെ അതിജീവിക്കത്തക്കവണ്ണം അവരെ തൃപ്തിപ്പെടുത്തുവാൻ പര്യാപ്തമായി തീർന്നു ഇതാണ് നമ്മൾ വായിക്കുന്നത് പ്രിയപ്പെട്ടവര് നമ്മള് നമ്മൾ കടന്നു ഈ സാഹചര്യത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മളൊരു സഭയായിട്ടോ ഒരു ചെറിയ കൂട്ടമായിട്ടോ നിൽക്കുമ്പോ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല പക്ഷെ നമ്മൾ നമ്മുടെ കയ്യിലുള്ളതിനെ നോക്കണ്ട നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു അല്പം അത് കർത്താവിനെ ഏൽപ്പിക്കുക നമുക്ക് എന്താ ചെയ്യാൻ നോക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും അത് പ്രാർത്ഥിക്കുക നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ ഏർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യാൻ കഴിയും നമുക്ക് ചെയ്യാൻ കഴിയുന്ന നമ്മുടെ കയ്യിലുള്ള ആ കൊച്ചു കാര്യങ്ങൾ അത് നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളിയുമായിട്ട് നോക്കുമ്പോൾ ഒരു താരതമ്യവും വളരെ തുച്ഛമാണ് എങ്കിലും നമ്മൾ നമ്മളെ തന്നെ കർത്താവിൻ്റെ കയ്യിൽ കൊടുത്താൽ കർത്താവിൻ്റെയും കർത്താവ് അതിനെ വർദ്ധിപ്പിച്ച് അനേകരെ തൃപ്തിപ്പെടുത്തും അനേകർക്ക് നമ്മളുടെ ഈ ചെറിയ ആ നമ്മൾ കൊടുത്ത നമ്മുടെ ജീവിതം അനേകരെ തൃപ്തിപ്പെടുത്താനും അനേ അനേകരെ കർത്താവിംഗിലേക്ക് വെല്ലുവിളിക്കാനും ഒക്കെ മുഖാന്തരമായി തീരും ഇതാണ് ഈ ബാലൻ്റെയും ബാലൻ്റെ അഞ്ചപ്പത്തിൽ നിന്ന് ഈ അയ്യായിരം പേരെ പോഷിപ്പിച്ച ആ സംഭവം നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഞാന് പറയാൻ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇവിടെ കർത്താവ് ഈ ഇവൻ കൊടുത്ത അഞ്ചപ്പം അതെന്ത് ചെയ്തു അതിനെ അനുഗ്രഹിച്ചു കർത്താവ് നുറുക്കി ഈ അഞ്ചപ്പത്തെ നമുക്ക് നമ്മുടെ ജീവിതമായിട്ട് ചിന്തിക്കാം നമ്മൾ നമ്മുടെ ജീവിതത്തെ എന്തു ചെയ്യണം കയ്യിൽ കൊടുക്കണം കലവറയില്ലാതെ അത് വലിയ ജീവിതമൊന്നുമല്ല ഒരു കൊച്ചു കാര്യമാണ് പക്ഷെ അത് കർത്താവിൻ്റെ കയ്യിൽ കൊടുത്താൽ കർത്താവ് എന്തു ചെയ്യും കർത്താവ് അത് അതിനെ നുറുക്കും നുറുക്കും കർത്താവ് ആ അപ്പത്തെ നുറുക്കിയത് കൊണ്ടാണ് അതിനെ വർദ്ധിപ്പിച്ച് അയ്യായിരം പേരെ തൃപ്തിപ്പെടുത്താനിടയായത് നമ്മുടെ ജീവിതവും ഒരു നുറുക്കത്തിലൂടെ കടന്നു മാത്രമേ അത് അനേകർക്ക് പ്രയോജനമായി തീരുകയുള്ളൂ നമുക്ക് ബൈബിള് കുറേ കാര്യങ്ങൾ അറിയാം അല്ലെ നമുക്ക് കുറച്ച് കഴിവുകളുണ്ട് ഇതുകൊണ്ടൊന്നും ആളുകളുടെ വശപ്പടക്കാൻ കഴിയില്ല മറിച്ച് നമ്മൾ നുറുങ്ങപ്പെട്ട ഒരാളാണെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മളെ കൊണ്ട് അനേകരുടെ വിശപ്പടക്കാൻ കഴിയുള്ളൂ എന്ന കാര്യമാണ് ഈ അഞ്ചപ്പത്തിൻ്റെ ആ സംഭവത്തിൽ നിന്ന് നമുക്കെടുക്കാവുന്ന ആത്മീയ ചിന്ത പ്രിയപ്പെട്ടവരെ നമ്മൾ പലരെ കുറിച്ച് അനുഭവങ്ങളിലൂടെ കടന്നുപോയ പല ഭക്തന്മാരെ നമ്മൾ നേരത്തെയും ചിന്തിച്ചിട്ടുണ്ട് മോശ മോശ എന്താ മോശ സ്വന്തം കഴിവിൽ ഊന്നി ഞാൻ ഇപ്പം ചെന്ന് ഈ മിശ്രമിനെ അടിച്ചു കൊല്ലാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സ്വന്തം കഴിവിൽ ഊന്നി അവൻ പ്രവർത്തിക്കാൻ നോക്കി പക്ഷേ അത് പരാജയമായി തീർന്നു അതിന്റെ ഫലമായിട്ട് ദൈവം അവനെ എന്ത് ചെയ്തു നാല്പതു വർഷത്തോളം അവന് അവിടെ നിന്ന് ഓടിപ്പോയി മരുഭൂമിയിലായിരുന്നു അവിടെ വെച്ച് അവന്റെ സ്വാഭാവിക കഴിവുകൾ ദൈവത്തിന്റെ ആ കാല ദൈർഘ്യത്തിന് മുമ്പാകെ തകർന്ന് തകർന്ന് തകർന്ന് നുറുങ്ങപ്പെട്ടു അങ്ങനെ നുറുങ്ങപ്പെട്ട മോശയാണ് ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിഞ്ഞത് അങ്ങനെ നുറുങ്ങപ്പെട്ടത് പിന്നീട് വെല്ലുവിളികൾ വരുമ്പം അവനെ തൻ്റെ മുഖം ദൈവത്തിന്റെ മുമ്പാകെ താഴ്ത്തിവെക്കാൻ മുഖം ആ പൂഴിയിൽ താഴ്ത്തി വെക്കാൻ ഇടയാകുന്നത് ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ ഒരു പ്രവർത്തന വിധം തകർന്ന ആളുകളെ മാത്രമേ നുറുങ്ങപ്പെട്ട ആളുകളെ മാത്രമേ ഉപയോഗിക്കാൻ കഴിയുള്ളൂ യാക്കോബിനെ നമുക്കറിയാം യാക്കോബ് വലിയ ഉപായയും തന്ത്രശാലിയുമായിരുന്നു പക്ഷെ അവൻ യാബോക്ക് കടവിൽ തകർന്നു കഴിഞ്ഞപ്പോഴാണ് അവനെ ഉപയോഗിക്കാനായിട്ട് കഴിഞ്ഞത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ചാൽ അവിടുന്ന് കലവറയില്ലാതെ നമ്മളേൽപ്പിച്ചാൽ ഒന്നും പിടിച്ചു കർത്താവേ ഞാൻ സമ്പൂർണമായിട്ട് തന്നെ തരുന്നു എന്ന് പറഞ്ഞ് നമ്മളാ ബാലനെ പോലെ നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ കയ്യിൽ കൊടുത്താൽ കർത്താവ് അതിനെ നുറുക്കും നുറുക്കുന്നതൊട്ടും സന്തോഷമുള്ള ഒരു അനുഭവമല്ല പക്ഷെ ആ നുറുക്കത്തിലൂടെ കടന്നുപോയി കഴിയുമ്പോൾ കർത്താവ് അതിനെ അനുഗ്രഹിക്കും അനേകരുടെ വിശപ്പ് മാറാൻ അത് ഇടയാക്കും അപ്പോൾ ഈ ബാലൻ്റെ സംഭവം ബാലൻ്റെ അപ്പം അയ്യായിരം പേരെ തൃപ്തിപ്പെടുത്തിയ ആ സംഭവവും നമ്മളെ നുറുക്കത്തെ കുറിച്ചും കർത്താവിൻ്റെ കയ്യിൽ കലവറയില്ലാതെ നമ്മളെ തന്നെ ഏൽപ്പിക്കുന്നതിനെക്കുറിച്ചുമാണ് നമുക്ക് ഒരു ആത്മീക ചിന്ത നൽകുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഏല താഴ്വരയെക്കുറിച്ചാണല്ലോ പറഞ്ഞു തുടങ്ങിയത് ഏല താഴ്വരയിൽ ദാവി ഇതെന്ത് ചെയ്തു ഗോലിയാത്തിനെ തോൽപ്പിച്ചു അവൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിച്ചു നമുക്കും അത് കഴിയും എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുതിയ നിയമത്തിലെ ആ വയസ്സുള്ള ദാവീതിനെ പോലെ അവനെ മറ്റൊരു ബാലനെക്കുറിച്ച് പറഞ്ഞു ആ ബാലനും എന്തു ചെയ്തു അവനും തൻ്റെ കയ്യിലുള്ളത് ദൈവത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു ദൈവം അതിനെ നുറുക്കി അനുഗ്രഹിച്ച് അനേകരെ തൃപ്തരാക്കി അതുകൊണ്ട് വലിയ വെല്ലുവിളികളെ നേരിടാൻ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മളെ തന്നെ കലവറയില്ലാതെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി എന്നൊരു ഒരു കാര്യം മാത്രമാണ് നമുക്ക് ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ വേണമെങ്കിൽ നമ്മുടെ മനസ്സിൽ അവശേഷിക്കത്തക്കവണ്ണം നമുക്ക് എടുക്കാൻ കഴിയുന്നു ഞാൻ ഈ ബാലൻ്റെ കാര്യം ഓർക്കുമ്പോഴും അല്ലെങ്കിൽ ദാവീദ് ഗോലിയാത്തിനെ തോൽപ്പിച്ച കാര്യം ഓർക്കുമ്പോഴുമൊക്കെ വാച്ച്മാൻ എന്ന് പറയുന്ന ദൈവഭത്യൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലെ ടൈഡ് എന്ന് പറയുന്ന ജീവചരിത്രത്തിലെ വാച്ച്മാൻ ജീവിതത്തിൽ ഒരു സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ വായിച്ച് ഞാന് പലപ്പോഴും ഈ രണ്ട് സംഭവങ്ങൾ പറയുമ്പോൾ ഓർക്കാറുണ്ട് ഏർ അതിങ്ങനെയാണ് വാജ്മാനി ചൈനയില് ഈ ഈ കാലഘട്ടത്തില് ജീവിച്ചിരുന്ന് മരിച്ചുപോയ ഒരു ദൈവഭൃത്യനാണെന്ന് നമുക്കറിയാമല്ലോ വാച്ച്മാനി ചൈനയിലായിരിക്കുമ്പോൾ താന് അവിടെ ചൈനയിലെ ഒരു ചെറിയ ദ്വീപില് ഒരു രണ്ടായിരം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ദ്വീപില് സുവിശേഷ പ്രവർത്തനത്തിനായിട്ട് ചെന്നു സുവിശേഷ പ്രവർത്തനത്തിനായിട്ട് ചെന്നപ്പം ആ ഗ്രാമത്തിലുള്ളവരാരും യേശുവിനെക്കുറിച്ച് കേട്ടിട്ടേയില്ല രണ്ടായിരം കുടുംബങ്ങളും മിക്കവാറുമുള്ളവരെല്ലാം കടലിൽ പോയി മീൻ പിടിച്ച് ജീവിക്കുന്ന അങ്ങനെയുള്ള ഒരു ചെറിയ ദ്വീപ് ആ ദ്വീപിൽ വാച്ച്മാനേയും ഒരു ആറ് വാച്ച്മാനെയും തൻ്റെ കൂടെ തന്നോടൊപ്പം അഞ്ചു പേരും കൂടെ അവർ സുവിശേഷ പ്രവർത്തനത്തിനായിട്ട് അവിടെ ചെന്നു അപ്പോൾ ആറുപേര് ആറുപേരവിടെ സുവിശേഷ പ്രവർത്തനത്തിനായിട്ട് ചെന്നു അങ്ങനെ ചെന്നപ്പോൾ അവസാന നിമിഷം വാച്ച്മാൻ നി മൂലം വിശ്വാസത്തിലേക്ക് വന്ന ലീ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു പതിനേഴോ പതിനെട്ടോ വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനൂടെ ഇവരോടൊപ്പം ഈ സുവിശേഷ വേലയ്ക്കായിട്ട് ഒരാഴ്ചത്തെ പരിപാടിക്കായിട്ടാണ് അവരവിടെ ചെന്നത് ഈ വാച്ച്മാൻയോടൊപ്പം ഈ ലീയും അവസാന നിമിഷം ആ ടീമിൽ ഉൾപ്പെട്ടു അങ്ങനെ ചുരുക്കത്തിൽ വാച്ച്മാനി വാജ്മാനിയോടൊപ്പം ആദ്യമുണ്ടായിരുന്ന അഞ്ചു പേര് ഈ ലീയെ അവനൊരു കൗമാരക്കാരനാണ് ഇത്രയും പേരടങ്ങുന്ന ഏഴ് പേരടങ്ങുന്ന ഒരു സംഘമാണ് ഈ ദ്വീപിലെ സുവിശേഷ പ്രവർത്തനത്തിനായിട്ട് ചെന്നത് അവർ അവിടെ ഒരു ഒരാളിൻ്റെ വീടിൻ്റെ ഒരു മുകളിലത്തെ നിലയിൽ അവർ വാടകയ്ക്ക് ഒരാഴ്ചത്തേക്ക് താമസമായി രാവിലെ മുതൽ ഇറങ്ങി അവർ കാണുന്നവരോടൊക്കെ സുവിശേഷം പറയും സുവിശേഷ പ്രതികൾ കൊടുക്കും അങ്ങനെയൊക്കെ കൊടുത്ത് അവർ മുന്നോട്ട് സുവിശേഷം അറിയിച്ചു പോന്നപ്പോൾ അവർക്ക് മനസ്സിലായി ആ നാട്ടിലുള്ളവരാരും ഒരാൾ പോലും ഇവർ പറയുന്നത് ഗവനിക്കുന്നില്ല ഇവർ പറയുന്ന ഇച്ചരെ നേരം കേട്ടോണ്ടിരിക്കും എന്നിട്ട് വേറെ തിരക്കുണ്ടെന്ന് പറഞ്ഞു പോകും അല്ലാതെ ഒരാൾ പോലും ഏകദേശം മൂന്ന് നാല് ദിവസം ഇവർ പ്രവർത്തിച്ചിട്ടും ഒരാൾ പോലും വിശ്വാസത്തിലേക്ക് വരുന്നില്ല ആരും സുവിശേഷം കേൾക്കുന്നില്ല ഇതെന്താ സംഭവം എന്ന് വാജ്മാൻക്കോ കൂടെ ഉണ്ടായിരുന്ന ആറുപേർക്കോ മനസ്സിലായില്ല അവര് പല സംഘങ്ങളായിട്ട് ഈ രണ്ട് പേരുള്ള പല സംഘങ്ങളായിട്ട് തിരിഞ്ഞ് ഓരോ ദിവസവും ആ ദ്വീപിൻ്റെ പലയിടത്ത് നിന്ന് സുവിശേഷം പറയും പക്ഷെ ആരും അത് ചെവികൊള്ളുകയായിട്ട് ഒരാൾ പോലും ശ്രദ്ധിക്കുകയാട്ടെ ചെയ്തില്ല അങ്ങനെ വന്നപ്പോൾ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന കൗമാരക്കാരനായ ലീ എന്ന് നമ്മൾ മുമ്പേ പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ ആ കുഞ്ഞ ആ കൗമാരക്കാരൻ അവനവൻ്റെ പക്വതക്കുറവ് ഒരു ദിവസം ഈ സുവിശേഷം പറഞ്ഞിട്ട് ഒരാള് കേൾക്കാതെ പോകുന്നത് കണ്ടപ്പോൾ അയാളുടെ ഷർട്ടെ പിടിച്ചു നിർത്തി എന്നിട്ട് ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെന്താ ഒരാൾ പോലും ഈ ദ്വീപില് ഞങ്ങൾ പറയുന്ന ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്താ കാര്യമെന്താ കാരണം ഉണ്ടാകുമല്ലോ എന്താ കാരണം പറഞ്ഞട്ടെ ഞങ്ങൾ മറ്റു പലയിടത്തും സുവിശേഷ പ്രവർത്തനത്തിനും പോകുമ്പോൾ ചിലരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കും ഇവിടെ ഒരാൾ പോലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നില്ല അതിനെന്താ കാരണം എന്ന് ഈ ഈ ലീയെ അവിടെ കണ്ട ഒരാളോട് പെട്ടെന്ന് അയാളെ പിടിച്ചു നിർത്തി ചോദിച്ചു അപ്പം ആ മനുഷ്യൻ പറഞ്ഞു നിങ്ങൾ പറയുന്ന ഈ യേശുവിനെ ഇവിടെ ആവശ്യമില്ല കാരണം ഞങ്ങൾക്ക് ദ എന്ന് ഞങ്ങൾ പേരിടുന്ന മഹാരാജാവെന്നാണ് അതിൻ്റെ അർത്ഥം ദാ എന്നാണ് ചൈന ഭാഷയിൽ പറയുന്നത് ദ വാങ് എന്നു പറഞ്ഞ് ഞങ്ങൾക്കൊരു ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ വിഗ്രഹം ഇവിടെയുള്ള ക്ഷേത്രത്തിലുണ്ട് ഇനിയിപ്പം ഈ പതിനൊന്നാം തീയതി ആ ദൈവത്തിൻ്റെ വലിയ ഉത്സവം നടക്കുക അപ്പൊ അന്ന് ആ ഉത്സവത്തിന് ഞങ്ങൾ ഈ ദാവാങ് എന്ന് പറയുന്ന ഈ വിഗ്രഹത്തെ എഴുന്നള്ളിച്ചോണ്ട് ഈ ദ്വീപ് മുഴുവൻ പോകും ഈ ദ്വീപിലുള്ളവർ മുഴുവൻ ദാവാങ്ങിനെ ആരാധിക്കുന്നവരാണ് നിങ്ങൾ പറയുന്ന യേശു ഒന്നും ഞങ്ങൾക്ക് വേണ്ട ദാവാങ് ഞങ്ങൾക്ക് എന്തു ചെയ്യും ഞങ്ങൾക്ക് കടലിൽ പോകാൻ നല്ല കാലാവസ്ഥ തരും നല്ല കാലാവസ്ഥ തരുന്നവനാണ് ദാവാങ് ഉദാഹരണത്തിന് ദാവാങ്ങിന്റെ വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഉത്സവമാണ് ഈ പതിനൊന്നാം തീയതി നടക്കാൻ പോകുന്നത് അന്ന് ഒരിക്കലും ഒരിക്കലും മഴയുണ്ടാകുകയില്ല കഴിഞ്ഞ ഇരുന്നൂറ്റെപത്താറു വർഷമായിട്ട് ദാവാങ്ങിൻ്റെ ഉത്സവ ദിവസം മഴ ഉണ്ടായിട്ടില്ല അത്ര ശക്തനായ ഒരു ദേവനാണ് ദാവാങ് ആ ദാവാങ്ങിനെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ദൈവത്തെ ഞങ്ങൾക്ക് വേണ്ട ഇതാണ് കാര്യം അതുകൊണ്ടാണ് ഞങ്ങൾ ആരും നിങ്ങൾ ഈ പറയുന്നത് ശ്രദ്ധിക്കാത്തതെന്ന് പറഞ്ഞു ഉടനെ ലീ എന്ന് പറയുന്ന ഈ കൗമാരക്കാരൻ അവൻ അവന്റെ അപക്വത കൊണ്ട് പറഞ്ഞു ആഹാ അങ്ങനാണോ അങ്ങനെ ആണെങ്കിൽ നിങ്ങളുടെ ദാവാങ്ങിന്റെ ഉത്സവ ദിവസമായി ഈ പതിനൊന്നാം തീയതി തകർത്തടിച്ചു മഴ പെയ്യും ദൈവമാണോ നിങ്ങളുടെ ദൈവമാണോ കഴിവുള്ളവൻ എന്ന് നമുക്ക് കാണാമല്ലോ എന്ന് ഇ പറഞ്ഞു മറ്റേയാള് ചിരിച്ചോണ്ട് അങ്ങ് പോയി ചിരിച്ചോണ്ട് പോയെങ്കിലും അയാള് നിമിഷം കൊണ്ട് ഈ ദ്വീപിലുള്ള മറ്റാളുകളോട് ഇത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞു വളരെ വേഗത്തിൽ ഇങ്ങനെ ദാവാങ്ങിനെതിരെ ഒരു വെല്ലുവിളി വന്ന കാര്യം അവര് ആ ഗ്രാമം മുഴുവൻ അറിഞ്ഞു ആ ദ്വീപ് മുഴുവൻ അറിഞ്ഞു ഏർ തിരിച്ച് ഇവരെ തിരിച്ച് താമസിക്കുന്ന വീട്ടിൽ വന്നപ്പോഴാണ് ലീ ഇങ്ങനെ പരസ്യമായിട്ടൊരു വെല്ലുവിളി നടത്തി ഇവരുടെ ദാവാങ്ങിൻ്റെ ഉത്സവ ദിവസമായ അന്ന് പെരുമഴയുണ്ടാകും എന്ന് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വാച്ച്മാനി അറിയുന്നത് വാച്ച്മാനി ആദ്യം അമ്പരന്ന് പോയി എടാ ഇങ്ങനെ പറഞ്ഞ് അവസാനം അന്ന് മഴ പെയ്തില്ലെങ്കിൽ ദൈവഹിത പ്രകാരമാണല്ലോ ദൈവമാണല്ലോ മഴ പെയ്യ്ക്കുന്നത് ദൈവത്തിന് വേണ്ടി നമ്മളിങ്ങനെ വാതു കെട്ടാൻ ദൈവം നമ്മളോട് നമ്മളെ ആ നിലയിൽ അനുവദിച്ചിട്ടുണ്ടോ എന്നൊക്കെ വാച്ച്മാന്യയുടെ മനസ്സിൽ ഈ പയ്യൻ അപക്വുമായിട്ട് പെരുമാറിയല്ലോ ഇങ്ങനെ പറയണമായിരുന്നോ ഇനിയിപ്പം മഴ പെയ്തില്ലെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒത്തിരി ചിന്തകൾ വാച്ച്മാൻ്റെ ഹൃദയത്തിൽ വന്നു വാച്ച്മാന്യ പക്ഷെ ചെയ്തു പ്രാർത്ഥിച്ചപ്പം പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഏലിയാവിൻ്റെ ദൈവം ഇവിടെ എന്ന പഴയ നിയമത്തിലെ ആ ചോദ്യം ഉയർന്നു ഏലിയാവിന്റെ ദൈവം ഇവിടെ എന്ന് ചോദിച്ചാൽ എന്താ ആ ഏലിയാവും ഏലിശയും യോർദാൻ നദി കുറുകെ കടന്നതും തിരിച്ച് ഏലിഷ പുതപ്പുമായിട്ട് തിരിച്ചു വരുമ്പം ഒറ്റയ്ക്ക എങ്കിലും ആ യോർദാൻ നദിയിൽ അടിക്കാൻ നേരത്ത് ഏലിയാവിന്റെ ദൈവം ഇവിടെ എന്ന് ചോദിച്ചാണ് ആ പുതപ്പ് യോർദാൻ നദിയെ അടിച്ചത് യോർദാൻ നദി രണ്ടായിട്ട് പിരിഞ്ഞു ഏലിശ മറുകരയിൽ കടന്നു ഏലിയാവിന്റെ ആത്മാവ് ഏലിശായിലുണ്ട് എന്ന് മറ്റ് ശിഷ്യന്മാര് മനസ്സിലാക്കി ഈ സംഭവമൊക്കെയാണ് നമ്മൾ നേരത്തെ ഒരിക്കലും ഇത് ചിന്തിച്ചിട്ടുള്ളതാണ് അപ്പോൾ പെട്ടെന്ന് വാച്ച്മാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ ഒരു ചിന്ത വന്നു ഏലിയാവിന്റെ ദൈവം ഇവിടെ ഏലിയാവിൻ്റെ ദൈവത്തിന് ഇന്നും അത്ഭുതങ്ങൾ ചെയ്യാനായിട്ട് കഴിയും ഈ ചെറുപ്പക്കാരൻ കൗമാരക്കാരൻ ലീയ അവൻ അവന്റെ അപക്വത ഇങ്ങനെ ഒരു വെല്ലുവിളി നടത്തിയത് എങ്കിലും ദൈവം നമ്മളെ മാനിക്കും എന്നുള്ള വലിയ സ്വസ്ഥത വാചുമാനിയുടെ ഹൃദയത്തിലുണ്ടായി അദ്ദേഹം കൂടുണ്ടായ മറ്റേ മറ്റു പേരോടോ തൻ്റെ സംഘത്തിലുള്ള ആളുകളോടും ഇത് തന്നെ പറഞ്ഞു അവരെന്ത് ചെയ്തു അവർ ഈ കാര്യം ദൈവസന്നിധിയിൽ പരമേൽപ്പിച്ചു അങ്ങനെ എന്നിട്ട് അവർ പിന്നെയും സുവിശേഷ പ്രവർത്തനത്തിന് പോയി ദൈവത്തെ ഈ കാര്യം ഏൽപ്പിച്ചു ദൈവം അത് ചെയ്തോളും എന്ന് അവർ ചിന്തിച്ചു അവസാനം ആ പതിനൊന്നാം തീയതി ആയി ഈ ദാവാങ്ങിന്റെ ഉത്സവ ദിവസം വന്നു ഉത്സവ ദിവസം വന്നു രാവിലെ വാച്ച്മാൻ നീ നല്ല തെളിഞ്ഞ വെയിലാണ് പക്ഷേ പെട്ടെന്ന് വാച്ച്മാനയുടെ ഹൃദയത്തിലേക്ക് വന്നു ഏലിയാവിൻ്റെ ദൈവം ഇവിടെ ഏലിയാവിൻ്റെ ദൈവം ഇന്നും ഉണ്ട് അവിടെ നിന്ന് പ്രവർത്തിച്ചുകൊള്ളും എന്ന് തനിക്ക് വലിയ ഉറപ്പ് കിട്ടി താൻ തൻ്റെ കൂടുള്ളവരെ കൂടെ കൂട്ടിച്ചേർത്ത് അവരൊന്നിച്ച് പ്രാർത്ഥിച്ചു ദൈവമേ നീ ഉണ്ട് ഞങ്ങള് ഞങ്ങളെ കൊണ്ട് കഴിയേല മഴ പെയ്യ്ക്കാൻ പക്ഷെ ഇങ്ങനെയൊക്കെ വന്നുപോയി ഈ ലീ ഇങ്ങനെ ഒരു വെല്ലുവിളി നടത്തരുതായിരുന്നു പക്ഷെ അവൻ നടത്തിപ്പോയി ഇത് നിന്റെ ഹിതത്താൽ സംഭവിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് നീ ഉത്തരമൊരുളണമേ എന്നവര് പ്രാർത്ഥിച്ച് അവരെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് മുകളിൽ ഒന്ന് രണ്ട് തുള്ളി മഴത്തുള്ളികൾ വീഴുന്ന ശബ്ദം കേൾക്കാനിടയായി അവർ നിശ്ശബ്ദമായിട്ട് ഈ കാര്യങ്ങൾ ദൈവത്തെ ഫരമേൽപ്പിച്ച് പ്രാതല് കഴിച്ചുകൊണ്ടിരിക്കുക അവർ പ്രാതല് കഴിച്ച് അവസാനിപ്പിച്ചപ്പോഴേക്കും വലിയ ഒരു വന്നു ആ പെരുമഴ അന്ന് രാവിലെ എട്ട് മണി മുതൽ പതിനൊന്ന് പതിനൊന്നര വരെ ആ സമയത്തേക്ക് വലിയ പെരുമഴയുണ്ടായി ഇവര് താമസിച്ചിരുന്ന ആ ടൗണ് ആ ടൗണിൻ്റെ പല വീഥികളും പല റോഡുകളും കാലിൻ്റെ പൊക്കത്തിൽ ഏകദേശം വലിയ വെള്ളപ്പൊക്കമുണ്ടായി നടക്കാൻ പറ്റാത്തവണ്ണമായി എങ്കിലും ഇവര് ഈ നാട്ടുകാര് ദാവാങ്ങിന്റെ ശി ശിഷ്യന്മാരായി ഇവര് മടുത്തുപോയില്ലേ ഇവരെന്ത് ചെയ്തു ഇവർ ആ വെള്ളത്തിൻ്റെ മധ്യത്തിലും ദാവാങ്ങിനെ എടുത്തുകൊണ്ട് ഈ നഗരത്തിലൂടെ ഈ പട്ടണത്തിലൂടെ അവരെ വീതിയിലൂടെ ഇതിനെ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി പക്ഷേ ആളുകളുടെ കാലിൻ്റെ പൊക്കത്തില് വെള്ളം ഈ എഴു എഴുന്നള്ളിച്ചുകൊണ്ട് ഒന്ന് രണ്ട് പേര് പെട്ടെന്ന് കാല് വീണു ദാവാങ്ങും അവരുടെ തോളിൽ നിന്ന് താഴെ വീണു അതിൻ്റെ തല ഒരു തിരിഞ്ഞുപോയി അതിൻ്റെ കയ്യിലെ കയ്യിലെ വരലുകൾ ചിലത് തടി കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു വിഗ്രഹമാണ് അവരുടനെ തന്നെ ഈ ദാവാങ്ങിന്റെ തലയൊന്നും ശരിയാക്കി വെച്ച് കയ്യുമൊക്കെ ശരിയാക്കി വെച്ച് പിന്നെയും ഇതിനെ എഴുന്നള്ളിച്ചുകൊണ്ടൊക്കെ ഒരു വിധത്തിൽ നടന്നു കാരണം ഈ പുതുതായിട്ട് വന്നവരുടെ ആ വെല്ലുവിളിയിൽ തോറ്റുപോകരുതല്ലോ എന്നുള്ള വിചാരത്തിൽ അവരങ്ങനെ ചെയ്തത് പക്ഷേ ആളുകളുടെ മുമ്പിൽ ആ ദ്വീപിലുള്ളവരുടെ മുമ്പിൽ മുഴുവൻ ഈ ദാവാങ്ങിന് ഒരു ശക്തി എന്നുള്ളത് വ്യക്തമായി അപ്പൊ അവരെന്ത് ചെയ്തു അവർ തോൽക്കാൻ മനസ്സുണ്ടായില്ല അവര് അവരുടെ വിചാരിപ്പുകാരെയൊക്കെ കൊണ്ടുവന്നു പ്രശ്നം വെച്ചു പ്രശ്നം വെച്ചിട്ട് അവർ പറഞ്ഞു ഈ പതിനൊന്നാം തീയതി അല്ല പതിനാലാം തീയതിയാണ് ശരിക്കുള്ള ദാവാങ്ങിൻ്റെ ഉത്സവത്തിന്റെ ദിവസം ഞങ്ങൾക്ക് തെറ്റിപ്പോയത് അതുകൊണ്ടാണ് ഇന്ന് മഴ പെയ്തത് പതിനാലാം തീയതി മഴ പെയ്യുകയില്ല എന്ന് പറഞ്ഞു പതിനാലാം തീയതി വൈകിട്ട് ആറു മണിക്ക് ഞങ്ങള് വീണ്ടും ഈ ദാവാങ്ങിനെ ഈ നഗരവീഥിയിലൂടെ എഴുന്നള്ളിച്ചുകൊണ്ട് പോകും എന്നവർ പറഞ്ഞു ഇത് കേട്ടപ്പം വാജ്വാനിയും ലീയും ഒക്കെ അവർ വീണ്ടും തങ്ങൾക്ക് അടുപ്പമുള്ളവരോട് പറഞ്ഞു ദൈവം ഏലിയാവിൻ്റെ ദൈവമാണ് അവിടുന്ന് വീണ്ടും പ്രകൃതി ശക്തികളുടെ മേൽ ശക്തിയുള്ളവനാണ് അവിടുന്ന് നിങ്ങൾ ഈ പറയുന്ന ആ പതിനാലാം തീയതിയും എന്ത് ചെയ്യും മഴ എന്ന് പറഞ്ഞു അപ്പോ നോക്കുക അവരെ എന്നിട്ട് ആ പതിനാലാം തീയതി ഇവരെ ഈ ഒരു താമസിച്ച വീട്ടിൽ വൈകുന്നേരം ഒരു മീറ്റിംഗ് ക്രമീകരിച്ചു സുവിശേഷ യോഗം ക്രമീകരിച്ചു പലരും സുവിശേഷ യോഗത്തിന് വന്നു ആ സുവിശേഷയോഗം നടന്നുകൊണ്ടിരുന്നപ്പോൾ ആറുമണിയായി ആ ക്ഷേത്രത്തിൽ നിന്ന് ദാവാങ്ങിനെ എഴുന്നള്ളിച്ചുകൊണ്ട് അവർ പോകാൻ തുടങ്ങി അപ്പോഴിതാ വീണ്ടും ആകാശം കറുത്തിരുണ്ടു വലിയ മഴ പെയ്തു നോക്കുക ഏലിയാവിൻ്റെ ദൈവം എവിടെ പ്രിയപ്പെട്ടവരെ ഇത് ഒരു കഥയല്ല ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ അടുത്തുള്ള ചൈനയിൽ നടന്ന ഒരു സംഭവമാണ് ഈ വാജുമാനിയോ കൂടെയുള്ള ലീ എന്ന് പറയുന്ന ആ കൗമാരക്കാരനോ കൂടെ ഉള്ളവരോ ആരും വലിയ വിശ്വാസവീരന്മാരൊന്നുമല്ല പക്ഷേ അവരെന്ത് ചെയ്തു അവര് വലിയവനായ ദൈവത്തിൽ വിശ്വസിച്ചു ആ ദൈവം അവരുടെ അവരുടെ പ്രാർത്ഥന കേട്ടു ദൈവം അത്ഭുതകരമായി മറുപടി നൽകി അതിൻ്റെ ഫലമായിട്ട് അവരെ പ്രവർത്തനങ്ങൾ നിർത്തി പോകുന്നതിന് മുമ്പ് ആ ആ ചെറിയ സഭ രൂപപ്പെട്ടു അനേകരെ കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ച ആ സഭയിൽ മുന്നോട്ട് വരാനായിട്ട് ഇടയായി ഇതാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു പൈശാചിക ശക്തിയെ ദൈവം തോൽപ്പിച്ചതിന് ഉദാഹരണമായിട്ട് അദ്ദേഹത്തെ വാജ്മാൻ്റെ ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പ്രിയപ്പെട്ടവര് ഈ ബാലൻ അവൻ്റെ കയ്യിലുള്ള ഒരു അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരുടെ വിശപ്പടക്കുക എന്ന വെല്ലുവിളി നേരിട്ടതും ദാവീദ് തൻ്റെ കയ്യിലുള്ള ഒരു കവിണ കൊണ്ട് വലിയ ഗോലിയാത്തിനെ തോൽപ്പിക്കാനിടയായതും ഒക്കെ പലപ്പോഴും ചിന്തിക്കുമ്പോൾ ഞാന് നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ നടന്ന നമ്മുടെ സമീപ രാജ്യത്ത് തന്നെ നടന്ന ഈ സംഭവത്തെ ഓർത്തു പോകാറുണ്ട് അതുകൊണ്ട് നമുക്ക് നമ്മുടെ ദൈവത്തെ വിശ്വസിക്കാം നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് നമ്മൾ പലപ്പോഴും നമ്മുടേതായ അങ്ങനെ അത്ഭുതങ്ങളിൽ ഒത്തിരി നമ്മൾ ഊന്നുന്ന ആളുകളല്ല പക്ഷെ നമ്മുടെ ദൈവത്താൽ കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ സഹോരാ സഹോരി നിൻ്റെയും എൻ്റെയും വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമ്മുടെ സഹയുടെ കാര്യത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും ഈ കാലഘട്ടത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് നമ്മിലേക്ക് തന്നെ നോക്കി നിരാശപ്പെടാതെ വലിയവനായ ദൈവത്തിലേക്ക് നോക്കുക ദൈവം ഏലിയാവിൻ്റെ ദൈവം എവിടെ എന്ന് വിശ്വാസത്തോടെ പറയുക ദൈവം നമ്മളെ അത്ഭുതമായിട്ട് മുന്നോട്ട് നടത്തും ഇതാണ് ഏലാ നമുക്ക് തരുന്ന സന്ദേശമായിട്ട് നമുക്ക് എടുക്കാൻ കഴിയുന്നത്